അന്നേരം എനിക്ക് ഓർമ്മ വന്നു എന്റെ സമ്പതമില്ലാതെ എന്റെ കൊട്ടാരത്തിലേക്ക് എന്തിന് പ്രവേശിച്ചുവെന്ന് നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും പൊട്ടിക്കരഞ്ഞില്ലേഖ അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുകയോ ആ മകൻ വാരി എടുത്തുകൊണ്ട് മണ്ണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞില്ലേ മണ്ണിൽ ഞാൻ നിനക്ക് വിചാരണ നേരിടേണ്ടി വരില്ലോ പൊട്ടിക്കരഞ്ഞില്ലേദിന സങ്കടപ്പെടാറില്ലേ കൂട്ടുകാർ ചോദിച്ചില്ലേ മുക്തി നബി സല്ലാ വസല്ല രണ്ട് പുത്രിമാർ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച അങ്ങേക്ക് അങ്ങ് സ്വർഗത്തിലാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടില്ലേ എന്തിനു നിങ്ങൾ കരയണം സുഹൃത്ത് സുഹൃത്തുക്കളെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രവാചകരിൽ നിന്നും ഒരാൾ മരണപ്പെട്ടാൽ ആദ്യ വീട് കബറ രക്ഷപ്പെട്ടാൽ വിജയിച്ചു അവിടെ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു ഞാൻ വിജയശ്രീ ലാളിതനോ ും തുടികുട്ടുന്ന ദിവസത്തിൽ എന്റെ കൈകാലുകൾ ചങ്ങലയിൽ ഇട്ട് ബന്ധിച്ചിട്ട് നരകത്തിലേക്ക് വീശിയെറിയുമ്പോൾ എനിക്ക് വേണ്ടി ഇപ്പോഴോടൊന്ന് ശുപാർശ നടത്തുമോ ഇതായിരുന്നു പൂർവ സൂരികളായ സഹാബത്തിന്റെ തക്വ നാളത്തെ കാര്യമോർത്തിട്ട് അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹ മല്ലതീനത്തുള്ളവരോടൊപ്പമാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നവരോടൊപ്പമാണ് ഇവിടെ ഉപയോഗിച്ച പ്രയോഗം മുഹസിനോൻ ഇഹ്സാൻ എന്നാ എന്നാണ് ഇഹ്സാൻ ജിബിൽ അലിഹു സലാത്ത് വസ്സലാം വന്നിട്ട് മുത്തീനബി സൊല്ലാമയോട് ഈമാൻകാരിയും ഇസ്ലാംകാരി നീ നിന്റെ റബ്ബിനെ ബാധത്ത് ചെയ്യലാണ് നീ അവനെ കാണുന്നുണ്ട് എന്നതുപോലെ യഥാർത്ഥത്തിൽ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അതാണ് ഹിസാൻ ൂടെ നാം ജീവിക്കണം ജീവിച്ചില്ലേ ജീവിതം മാതൃകയാക്കേണ്ടതില്ലേ മഹാനായ സമിദ് പ്രജകൾ ഭുജിക്കുന്നത് മാത്രമേ നീയും ഭുജിക്കാവൂ യും അതെന്നുള്ള നിർദേശോപദേശങ്ങൾ നൽകിയ മഹാനായിരുന്നു സയിദ്ബിൻ ആമിർ റലി അള്ളാഹു ജീവിതം മാതൃകയില്ലേ ഹിംസിലെ ഒരു ഗവർണറുടെ ആവശ്യം വന്ന സമയത്ത് മഹാനായി ഒമറുൽ ഫാറൂഖ് റതി അല്ലാഹുഹു ത് സീദ് ഞാൻ ഗവർണർ ആകൂല എന്നെരുത് അല്ലാഹു ചോദിച്ചു എല്ലാവരും എന്നെ ഖലീഫയാക്കി എന്നിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂലേ അംഗീകരിക്കേണ്ടി വന്നു ഹിംസിലേക്ക് പോയി സവീദ് കഴിഞ്ഞു <imitation> in in the in the ും ഒരു സംഘം പ്രതിനിധി സംഘങ്ങൾ മദീനയിൽ വന്നു ചോദിച്ചു നിങ്ങളുടെ നാട്ടിലെ പാവങ്ങളുടെ എനിക്കൊന്ന് തരണം പാവങ്ങളുടെ അടിയിൽ വായിച്ചിട്ട് ചോദിച്ചു ആരാണ് ഇദ്ദേഹം ഞങ്ങളുടെ ഗവർണറാണ് നിങ്ങളുടെ ഗവർണർ പാവപ്പെട്ട പട്ടിണിയിൽ കിടക്കുന്നവനോ അതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തീ പുക ഉയരാറേയില്ല ആയിരം സ്വർണ്ണ നാണയം നൽകുകയാണ് ഈ സ്വർണ നാണയം നാണയങ്ങൾ അദ്ദേഹത്തിന് നൽകണം എന്റെ സലാമിനെ പറയുകയും ചെയ്യണം അവർ സ്വർണ നാണയങ്ങൾ നൽകിയപ്പോൾ എന്ന് ഒരു ൂഖഖ് റദി അള്ളതും സംഭവിച്ചോ അതിനേക്കാൾ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു മുസ്ലിം ദുരന്തവും സംഭവിച്ചോ അതിലും ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ച ദുരന്തം എന്റെ പരലോകം നശിപ്പിക്കാൻ ദുന്യാവ് ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നീ എന്നെ സഹായിക്കണം ആയിരം സ്വർണ നാണയങ്ങൾ അദ്ദേഹം വിതരണം ചെയ്തു പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു തന്റെ ഭരണകൂടത്തിൽ ആർക്കെങ്കിലും അസതൃപ്തരാണോ എന്ന് അന്വേഷിക്കാൻ ഗവർണറെ കാണാൻ അദ്ദേഹം പുറപ്പെട്ടു ഓരോ സംസ്ഥാനത്തെയും ഗവർണർമാരെ കണ്ടിട്ട് ജനങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ അദ്ദേഹം ചെന്നു ഹിംസിൽ ഹിംസിന്റെ പേര് കുവൈഫ എന്നും പേരുണ്ട് ഭരണാധികാരികളെ ആക്ഷേപിക്കുന്ന നാടായിരുന്നു കൂഫക്കാർ അതിന്റെ ഒരു പതിപ്പായിരുന്നു ഹിംസുകാരും അത് നാല് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ഗവർണറെ കുറിച്ച് ഫാറുക് പറഞ്ഞു നാളെ എല്ലാവരും വരിക പള്ളിയിലേക്ക് വരിക ഞാൻ ഗവർണറെ വിളിക്കും എന്നിട്ട് നിങ്ങളുടെ പരാതികൾ പറയുക പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു ഭാഗത്ത് ഗവർണർ ഒരു ഭാഗത്ത് പ്രജകൾ പറയൂ നിങ്ങളുടെ പരാതി എന്താണ് നിങ്ങളുടെ ഗവർണർ വളരെ വൈകിയെ ഞങ്ങൾ എടുത്തു വരാറുള്ളൂ അമീരുൽ മുക് എന്റെ വീട്ടിൽ വേലക്കാരില്ല വീട്ടുകാരിയും കുടുംബത്തെയും ഒക്കെ സഹായിച്ചിട്ട് ഖതമത്ത് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില ദിവസങ്ങൾ അല്പം വൈകാറുണ്ട് ഭക്ഷണവും ഉണ്ടാക്കാനൊക്കെ എന്റെ കുടുംബിനിയെ സഹായിക്കുമ്പോൾ അല്പം വൈകാറുണ്ട് രണ്ടാമത്തെ പരാതി എന്താണ് നിങ്ങളുടെ ഗവർണർ രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കാറില്ല ശരിയാണോ സമീദ് ശരിയാണ് രാത്രി അള്ളാഹുവിന് പകൽ പ്രജകൾക്ക് മൂന്നാമത്തെ സംഗതി എന്താണ് നിങ്ങളുടെ ഗവർണർ മാസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് വരാറില്ല ശരിയാണോ ശരിയാണ് അമീരേനയും എനിക്ക് ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ മാറ്റി കൊടുക്കാൻ വസ്ത്രമില്ല മാസത്തിൽ ഞാൻ ഒരു ദിവസം അത് കഴുകും മരം കോച്ചുന്ന തണുപ്പത്ത് ഉണങ്ങാൻ പ്രയാസമാകും അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരത്തേക്ക് അവരുടെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് മഹാനവറുകൾ മറുപടി നൽകിയപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ പരാതി അവർ പറഞ്ഞു നിങ്ങളുടെ ഗവർണർ ചില സമയങ്ങളിൽ ബോധം കെട്ടു വീഴാറുണ്ട് ശരിയാണ് സവീദ് ശരിയാണ് അമീരുൽ അങ്ങയോട് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് അതെ ഞാൻ മുഷരിക്കുകളിൽപ്പെട്ടവനായ സമയത്ത് ിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയ സമയത്തെ ആ ചെറുപ്പക്കാരന്റെ കഴുമരത്തിൽ തൂക്കി കെട്ടിയ ശേഷം നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആഗും എന്ന് ചോദിച്ചപ്പോൾ എന്റെ പ്രവാചകന്റെ കാൽപാദത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ആ ആദർശാലിയെ എന്ന് പറഞ്ഞ് ൾ വെട്ടിമറിക്കുമ്പോൾ ഞാൻ സന്നിഹിതനായിരുന്നു അമീർ എനിക്കൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം എന്നെ പിടികൂട്ടുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് അത് ഓർമ്മിക്കുമ്പോൾ ഞാൻ ബോധം കെട്ടുവിടാറുണ്ട് തങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു അലഹദില്ല എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു മദീനയിലേക്ക് ചെന്നു വീണ്ടും ഗവർണർക്ക് ആയിരം സ്വർണ്ണ നാണയം കൊടുത്തയച്ചു ഭാര്യയോട് പറഞ്ഞു ഇത് നമുക്ക് പ്രണയം വെക്കാം ഭാവങ്ങൾക്ക് വിതരണം ചെയ്യാം നാളത്തെ ലോകത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഇതായിരുന്നു സഹോദരങ്ങളെ പൂർവിക സൂദികളുടെ ചരിത്രം എന്നും നാം പഠിക്കേണ്ട പാഠം ആദർശ ബോധമാണ് ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിതമാണ് അത് അദ്ദേഹം പഠിച്ചത് ആദർശാലിയായ ആവനായ പെടഞ്ഞു പിടഞ്ഞ് മരിക്കുമ്പോഴും അദ്ദേഹം ഊർജത്തിന് ആർജവത്തിന് ഒരു കോട്ടവും സമീപിച്ചിട്ടില്ല എന്നുള്ളത് സൈദ് അള്ളാഹുവിന് ബോധ്യപ്പെട്ടു അദ്ദേഹം നല്ല മനുഷ്യനായി ജീവിച്ചു നല്ല പ്രവർത്തനത്തിന് കഴിയുകയുള്ളു അതാണ് തക്കവയും മെഹസാനും തമ്മിലുള്ള ബന്ധം ഒന്ന് പറഞ്ഞു ഹൃദയം നാല് വിധമാണ് നാല് ഐറ്റമാണ് ഒന്ന് ആ ഹൃദയത്തിൽ ഒന്നും ഇല്ല അഹങ്കാരമില്ല വിദ്വേഷ വൈരാഗ്യമില്ല പോരില്ല ഒന്നുമില്ല ഇതാണ് ഹൃദയം ഇതാണ് ശൂന്യമായ ഹൃദയം ആരോടും വിദ്വേഷമില്ലാത്ത നല്ല മനസ്സുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എങ്കിൽ നമുക്ക് നല്ല ഹൃദയമാകും അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ എല്ലാവിധ പൈശാചിക പ്രവർത്തനങ്ങൾ ചിന്തകൾ അംഗീകരി അംഗീകരിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുമാറാകട്ടെ കേട്ടിട്ടില്ലേ പറഞ്ഞത് ഇതാ സഹാബത്ത് ഒരാ സദസ്സിലേക്ക് വരുന്നുണ്ട് അദ്ദേഹം സ്വർഗത്തിലാണ് നോക്കിയപ്പോൾ കണ്ടത് ആരെയാണ് സയിദ് അള്ളാഹുവിനെ അല്ലേ രണ്ടാമതും കണ്ടത് വന്നതും അത് മൂന്നാമത്തെ തവണയും മുത്തരവി പറഞ്ഞപ്പോൾ വന്നത് അദ്ദേഹമല്ലേ മഹാനായകളെ സമീപിച്ചില്ലേ എന്നിട്ട് നോക്കിയില്ലേ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഇബാദത്തില് ഇബാദത്ത് കണ്ടില്ലല്ലോ കൂടുതൽ നിസ്കരിക്കുന്നതും തസ്മീകും തഞ്ചീതും ചെല്ലുന്നത് കണ്ടിട്ടില്ലല്ലോ അദ്ദേഹവുമായി പോരുമ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളെ കുറിച്ച് മൂന്ന് തവണ മുത്തലബിലി വസ്ലമ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന അമ്മെന്താണ് എനിക്ക് ആരോടും വിദ്വേഷമില്ല എന്ന് ആരോടും വെറുപ്പില്ല എന്ന് ഒരു ഒമ്മത്തായി നല്ല മനസ്സുള്ളവരായി നാം മാറണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഹൃദയമാണ് അതിലേക്ക് മുഹമ്മദ് നല്ല സംഗതികളൊന്നും അതിലേക്ക് കിടക്കുന്നില്ല അത് അത്രമാത്രം ഭദ്രമായി പൂട്ടിടപ്പെട്ട ഹൃദയം അല്ലാഹുവേ അത്തരം ഹൃദയങ്ങളില്ലെന്ന് ഞങ്ങളെ കാക്കണമേ തെമ്പുരാനെ മൂന്നാമത്തെ ഹൃദയമാണ് മങ്കോസ് മംഗോസ് കീക്കാന്തൂക്കായ ഹൃദയം കീഴാന്തൂക്ക് നല്ലത് കേൾക്കും പിന്നെന്താകും ചെയ്യും അത് മാറുന്നതാ നല്ലതിനെതിരെ ചെയ്യുകയുള്ളു നല്ലതിനെതിരെ ചെയ്യുകയുള്ളൂ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കൂല നല്ല വിഷയം പറയുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് മനസ്ഥ ഈ ഹൃദയത്തിൽ നിന്നും അള്ളാഹുനുമേ കാത്തുരക്ഷിക്കുമാറാകട്ടെ നാലാമത്തെ ഹൃദയം മുസഫും വിശ്വാസവും അവിശ്വാസവും കൂടിക്കലർന്നത് രണ്ടുണ്ട് രണ്ടുണ്ട് പകൽ തൊപ്പിയും രാത്രി കുപ്പിയും രണ്ടുണ്ട് രണ്ടും കൂടിക്കലർന്നത് ഇല്ല വും നല്ല ഹൃദയമല്ല അപ്പോൾ ഹൃദയം ഒന്നാമത്തെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയം പെടണം അഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തക്കൊഴി നീപ്പെടുത്തിയണമേ തമ്പുരാനെ അതിനുള്ള ചികിത്സ എന്താണ് ഹൃദയ രോഗത്തിനുള്ള മരുന്ന് എന്താണ് അതെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ആണുള്ളത് ഒന്ന് അത് ഓതുന്നവർക്ക് ശുപാർശകനായിട്ട് ഖുർആാൻ ഈ ആമത്ത് നാളിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാ വസല്ലുകയാണ് രണ്ടാമത്തത് വയറുകാലിയാക്കുക സുഭിക്ഷമായ ആഹാരങ്ങളൊന്ന് കുറച്ച് അല്പം ഭക്ഷണം കഴിച്ച് പട്ടിടികടന്ന് ജീവിച്ച് നോമ്പ് ജീവിച്ച് റബ്ബിന്റെ പൊരുത്തം കാംഷിക്കുക ഹൃദയത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് വൈകാരികമായ ചിന്തകൾ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കുന്നു വൈകാരികമായ പ്രവർത്തനങ്ങൾ അതുമൂലം സംഭവിക്കുന്നു അതിന് ഭക്ഷണം എന്താണ് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ഹൃദയ രോഗത്തിലുള്ള മരുന്നാണ് നാലാമത്തത് നട്ടപ്പാതിരക്ക് ഉറക്കമൊഴിച്ചിട്ട് വിനയം പ്രകടിപ്പിക്കുക പൊട്ടിക്കരയുക റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിക്കുക പൊട്ടിക്കരയുക അത് തന്നെയാണ് പ്രകടിപ്പിച്ച് പഠിച്ചവരെ മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക അഞ്ചാമത്തത് നല്ല മനുഷ്യരുമായിട്ടുള്ള സഹവാസം നല്ല ആളുകളുമായിട്ടുള്ള സഹവാസം അത് ചെയ്യുക യ്യത്തുലമയുടെ ആദരണീയരായ പ്രസിഡന്റ് അല്ലേ ഈ വിനീതൻ ഹജ്ജ് കഴിഞ്ഞു വന്ന സമയത്ത് ഉസ്താദിനെതിളക്കുപായം കൊടുത്തപ്പോൾ മദീനയിൽ നിന്നും കൊണ്ടുവന്നതാണ് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് രണ്ടെണ്ണമുണ്ട് ഇത് തന്നാൽ മൂന്നാകും ഓവർ ആകും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും മഹാനായും അഹമ്മദ് അസീസിനുള്ള സമാനതകളുള്ള പണ്ഡിത വ്യക്തിത്വമല്ലേ ബഹുമാനപ്പെട്ടാദ് എന്തൊരു ഖലാസാണ് എന്തൊരു വിനയമാണ് എന്തൊരു തകവയാണ് കളങ്കമില്ലാത്ത കാപ്പറ്റം ഇല്ലാത്ത നല്ല മനുഷ്യന്റെ ഉടമയല്ലേ ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ രണ്ടായിരത്തി മെയ് മാസം ആറാം തീയതി ശനിയാഴ്ച മഹാനായുസ്താദിനെ കോട്ടക്കൽ ആയുർവേദ ശാലയിലേക്ക് ഞാൻ കൊണ്ടുപോയി ഡോക്ടർ രാമദാസ് ആണ് ചികിത്സിക്കാൻ ഉദ്ദേശിച്ച ഡോക്ടർ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആണിവർ സമസ്തയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദിനാദ്യമായിട്ട് കാണുകയാണ് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിട്ട് അല്പം കാലമേ ആയിട്ടുള്ളൂ എന്നും ഞാൻ പറഞ്ഞു എന്താണ് പ്രശ്നം മുട്ടുവേദനയാണ് പരിശോധിച്ചു വരുന്ന തുടങ്ങിയ സമയത്ത് പറഞ്ഞു മുഖത്തേക്ക് നോക്കി ആ നോട്ടത്തിൽ വഴിയിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിരുന്നു കഷായൻ വേണ്ട ഗുളികമതി സാർ ഗുളികമതി എങ്കിൽ തൈലം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുന്നു ചീട്ടിക്കൊടുത്ത ശേഷം ചോദിക്കുന്നു ഒരു സംഘടനയുടെ പ്രസിഡന്റാണ് എന്നല്ലേ പറഞ്ഞത് ഞാൻ സത്യത്തിന്റെ ഞരമ്പൊന്ന് പരിശോധിച്ചു നോക്കട്ടെ ഉസ്താദിനോട് കൈ നീട്ടാൻ പറഞ്ഞു കൈ നീട്ടി വലത്തെ കൈ നീട്ടി ഡോക്ടർ രാമദാസിനോട് ഞാൻ ചോദിച്ചു സത്യത്തിന്റെ ഞരമ്പുണ്ടോ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വലത്തെ കയ്യിലെ തള്ളാമ്പരലിലെ തൊട്ടടുത്ത നരമ്പ് അദ്ദേഹം പിടിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹം ഇതാ ഉസ്താദിന്റെ മുമ്പിൽ കൈ കൂപ്പിരുന്നു ഇദ്ദേഹം സത്യത്തിന്റെ ആളാണ് കളങ്കമില്ലാത്ത എന്റെ മുഖത്തേക്ക് നോക്കി ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഫീസ് എന്റെ കയ്യിൽ തന്നിരുന്നു ഞാൻ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ഡോക്ടർ രാമദാസ് പറഞ്ഞു സത്യസന്ധന്മാരിൽ നിന്നും ഞാൻ എങ്ങനെ പണം വാങ്ങും വാങ്ങിയില്ലേറ്റു ഡോക്ടർ ആ റൂമിൽ നിന്നും പുറത്തു കിടക്കുന്നതുവരെ ഡോക്ടർ പിന്തുടർന്നു നിർവഹിക്കുന്നവനാണ് മനക്കരുത്തുള്ള ആർജവുമുള്ള നേതാവാണ് കഴിഞ്ഞ ഭരണകൂടം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ഉമ്മത്തിൽ തകർക്കാനുള്ള ഗൂഢപദ്ധതി ആവിഷ്കരിച്ചു ആ വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ പാർട്ടി സമ്മേളനത്തിൽ പോലും പരാജയത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു എട്ടാം എട്ട് മണിക്ക് ക്ലാസ് ആരംഭിക്കണം എന്ന് പറഞ്ഞ സമയത്ത് സ്കൂൾ പഠനം കണ്ട് മദ്രസ പഠനം ബുദ്ധിമുട്ടും അതിപെതിരെ പ്രതികരിച്ചില്ലേ പെരുന്തൽ മുന്നിലും നിലപ്പുറത്ത് വെച്ചുകൊണ്ട് പ്രസംഗിച്ചില്ലേ നിങ്ങൾ എട്ട് മണിക്ക് സ്കൂൾ തുടങ്ങിക്കോളോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മദ്രസകൾ ഉണ്ട് ുംയൻസും എന്ന് പറഞ്ഞില്ലേ വെടിവെക്കേണ്ടടുത്ത് വെടിവെച്ചു അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ഉസ്താദ് അതെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ മൗലാന അബുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാൽ അവിടെ അധ്യാപ്രവേശനമുണ്ട് പ്രവേശനമുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ദാൽഹുദയിലെ മൂന്ന് ഹുദവികൾക്ക് പ്രതിമകൾക്ക് നാം ഇവിടെ ആദരവ് നൽകിയില്ലേ അതേ ബഹുമാനപ്പെട്ട സമസ്തം നിലവിലുടെ ആദരണീയരായൽ ചെമ്പാട് കൊച്ചുറൂമിൽ നിന്നും ഒരു സഞ്ചെയ്യുമ്പോൾ അതിന് വിലയുണ്ട് അതിന് വിലയുണ്ട് സമസ്ത ബഹുമാനപ്പെട്ട സമസ്ത വളർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ടാദിന്റെ ഒരു ഒപ്പമുണ്ട് നിങ്ങൾ കലീഗഡിൽ പോയാൽ ജോലിയുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചില യൂണിവേഴ്സിറ്റികളിലും അതിൽ നിന്നും ബിരുദം നേടിയ പ്രതിമകൾക്കും ഇതിന് സമാനമായ സാഹചര്യം ഉണ്ട് ഉണ്ട് നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സഹോദര സ്ഥാപനം ആന്ധ്രാപ്രദേശിലെ മൻഹജിന്റെ തറക്കല്ലിടൽ കർമ്മം മഹാനായ ഉമർ അലി സിഹാബിറക്കല്ലിടുന്നു അല്ലാഹു സ്വർഗം കൊടുക്കേണ്ട മേത്തം കബറി വിശാലമാക്കി കൊടുക്കേണ്ട മേത്തം ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഇതാ തറ കല്ലിട്ടു കഴിയുന്നു ആളുകൾ പറയുന്നു മഴയില്ല പ്രാർത്ഥിക്കണം ജയിലിൽ വലും ചെയ്യട്ടെ ൂടുന്നു രണ്ടു വർഷം മുമ്പുള്ള പ്രാർത്ഥനയുടെ ഫലം എപ്പോഴും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതെ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ അവർ ഇ ഹലാസിന്റെ പ്രതീകങ്ങളാണ് അവർ തകുമയുടെ പ്രതീകങ്ങളാണ് പടച്ചവനെ അവരോടൊപ്പം വേണ്ടി ഖലാസോടുകൂടെ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തോഫിയ് നൽകണമേ തണ്ടുരാനെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചില ആയത്തുകൾ കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം അവർക്ക് മീതയുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് ആകാശത്തെ നാം പഠിച്ചത് ആകാശത്തെ എങ്ങനെയാണ് നാം മനോഹരമാക്കിയത് വമാലഹാമിൻ ഫറോജ് ആകാശങ്ങൾക്ക് വിടവുകൾ ഇല്ല വിടവുകൾ ഇല്ല കണ്ടില്ലേ സൂര്യനെ കൊണ്ട് ചന്ദ്രനെ കൊണ്ട് ആകാശം നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശപൂരിതമാകണം നിക്കറുകൊണ്ട് സ്വലാത്തു കൊണ്ട് ഖുർആൻ പാരായണം കൊണ്ട് മനസ്സായിരിക്കണം ആകാശങ്ങൾക്ക് വിള്ളലില്ല ബഹുമാനപ്പെട്ട സങ്കടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ മനസ്സുകൾ ഒന്നാണ് എന്നും ഒന്നാണ് എന്നും ഒന്നാകണം പഠിച്ചവനെ ഞങ്ങളുടെ മനസ്സുകൾ എന്നും നീ ഒന്നാക്കണമേ തമ്പുരാനെ വൽഅറ ഭൂമി എങ്ങനെയാണ് നാം വിശാലമാക്കിയത് ഭൂമിയിൽ നാം പർവ്വതങ്ങളെ സ്ഥാപിച്ചു ആ പർവ്വതങ്ങളിൽ ഇണകളായ പുഷ്പങ്ങളെ നാം പടക്കുകയും ചെയ്തു മലകൾ കണ്ടിട്ടില്ലേ മലകൾ മലകളിലേക്ക് നോക്കുക ഹിമാലയത്തിലേക്ക് നോക്കുക എവറസ്റ്റിലേക്ക് നോക്കുക അതെ പ്രശ്ന മലകളിലേക്ക് നോക്കുക ആ മലകളിൽ കണ്ടിട്ട് മലകളെ പോലെ നാമം ും ഭദ്രമായ കോട്ടകളാകുക ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ ശക്തമായ തണുപ്പ് ശക്തമായ ചോടെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വലിയ കൊടുമ്പുടികളായി മഹാനായ സയ്യിദ് മുഹമ്മദ് അൽ ജീവിച്ചതുപോലെ ബഹുമാനപ്പെട്ട റീസുൽ കണ്ണുസ്ഥ ജീവിച്ചതുപോലെ മഹാനായ ശംഷുൽ ഉലമ ജീവിച്ചതുപോലെ നല്ല തകവയുടെ കൊടുമ്പുട്ടികളായി നാം മാറുക അള്ളാഹു തുണക്കുമാറാകട്ടെ ഒരു സമ്മാനം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ് ഹൃദയങ്ങൾക്ക് ശക്തി കൂട്ടാനുള്ള ഒരു സമ്മാനം ആ സമ്മാനമാണ് അൻപത് തവണ ചൊല്ലുക ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം കഴിയും നാനൂറ്റി തവണ ചൊല്ലിയ ശേഷം നാം ചൊല്ലേണ്ടത് ആലി എഴുപത്തി മൂന്നാമത്തെ ആയത്ത് ുംവണ ചൊല്ലുക നമുക്കെതിരെ ശത്രുക്കൾക്കുന്നുണ്ട് <Num'da> െ പോലും തകർക്കാനും സമ്മേളനം പോലും മുടക്കാനുമുള്ള നമ്മുടെ നടത്തുന്നത് ശ്രദ്ധിക്കുക ഏത് സമയത്തും നാട്ടിലായാലും എവിടെയാണെങ്കിലും നമ്മുടെ കയ്യിൽ മുത്തുബുഹു ഏൽപ്പിച്ചിരുന്നുണ്ട് അതാണ് എന്റെ കൂടെ നിങ്ങൾ മു അല്ലെങ്കിൽ നൂറ് തവണ ഇത് നമുക്ക് പ്രതിരോധമാണ് ഞാൻ നിർത്തുന്നതിന്റെ മുമ്പ് നമുക്ക് ഇന്നത്തെ സമ്മേളനം അത് വിജയകരമാകണം സമ്മേളനങ്ങൾക്ക് മുമ്പ് ശ്രീ ചൈത്രോ സുസ്ഥാദ് ചൊല്ലുന്ന ഒരു സംഗതിയുണ്ട് ബിസ്മി എഴുപത് വട്ടം ചൊല്ലി ദാഴ്ചയിലുണ്ട് തൊണ്ണൂറ്റി മൂന്നിലെ ചേലാരിയിൽ നടന്ന മാലിന്യം സമ്മേളനം അതുപോലെയുള്ള മിക്ക സമ്മേളനങ്ങളിലും മഹാൻ എഴുപത് ബിസ്മി ചൊല്ലിയിട്ടതു ആ ചെയ്യും സമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടി ശത്രുക്കൾ നിഷ്പ്രഭരാകാൻ വേണ്ടി അവരുടെ എല്ലാവിധ ആവനാഴികളിൽ നിന്നുള്ള അമ്പുകളൊക്കെ തകർന്ന് തരിപ്പടകമാകാൻ വേണ്ടി അതുകൊണ്ട് എഴുപത് ബിസ്മിക്കുള്ള സമയം കൂടി എന്റെ പ്രസിഡിയം അനുവദിച്ചു തരണമെന്ന് അറിയിക്കുന്നു നമുക്ക്